ഫിർ അവന്റെ ആളുകളിൽ നിന്ന് നാം നിങ്ങളെ രക്ഷിച്ച സന്ദർഭമോർക്കുക അവർ നിങ്ങളെ കഠിനമായ പീഡനങ്ങൾക്ക് ഇരയാക്കിയിരുന്നു നിങ്ങളുടെ ആൺമക്കളെ അവർ കൊന്നൊടുക്കുകയും പെൺമക്കളെ ജീവിപ്പിക്കുകയും ചെയ്തിരുന്നു അതിൽ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വലിയൊരു പരീക്ഷണമുണ്ടായിരുന്നു